പറയുക സൃഷ്ടിപ്പിന് തുടക്കം കുറിക്കുകയും പിന്നീടതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ പങ്കാളികളിൽ ആരെങ്കിലുമുണ്ടോ പറയുക അള്ളാഹുസുബാനഹുവ ചായാല സൃഷ്ടിപ്പിന് തുടക്കം കുറിക്കുന്നു പിന്നീടതിനെ ആവർത്തിക്കുകയും ചെയ്യുന്നു എന്നിട്ടത് നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നത്